ഇബ്രാഹീം അലഹിസ്സലാമിലും അദ്ദേഹത്തോടൊപ്പമുള്ളവരിലും നിങ്ങൾക്കുത്തമമായ മാതൃകയുണ്ട് അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞപ്പോൾ അള്ളാഹു സുബഹാനഹുവലായിക്കു പുറമേ നിങ്ങൾ ആരാധിക്കുന്നവരിൽ നിന്നും നിങ്ങളിൽ നിന്നും ഞങ്ങൾ മുക്തരാണ് ഞങ്ങൾ നിങ്ങളെ നിഷേധിച്ചിരിക്കുന്നു നിങ്ങൾ അല്ലാഹു സുബാനഹുവലായിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ എന്നും ശത്രുതയും വിദ്വേഷവും നിലനിൽക്കും തന്റെ പിതാവിനോട് ഇബ്രാഹിം അലഹിസ്സലാം പറഞ്ഞ വാക്കുകളൊഴികെ തീർച്ചയായും ഞാൻ നിനക്കായി പാപമോചനം തേടാം എങ്കിലും അള്ളാഹുസുബഹാനഹുവ ഛയാലായിൽ നിന്ന് നിനക്കായി ഒന്നും ചെയ്യാൻ എനിക്ക് അധികാരമില്ല ഞങ്ങളുടെ രക്ഷിതാവേ നിന്നിലും മാത്രമാണ് ഞങ്ങൾ ഭരമേൽപ്പിച്ചത് നിന്നിലേക്ക് തന്നെ ഞങ്ങൾ മടങ്ങിയിരിക്കുന്നു നിന്നിലേക്കാണ് മടക്കം